യശയ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം ആമോസിന്റെ മകനായ യശയ്യാവോ യൂദ രാജാക്കന്മാരായോധ ആഹാസ് യഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യരിശിലേമിനെയും പറ്റി ദർശിച്ച ദർശനം ആകാശമേ കേൾക്ക ഭൂമിയെ ചെവി തരിക യഹോവ അരുളി ചെയ്യുന്നു ഞാൻ മക്കളെപ്പൂറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു ഇസ്രയേലോ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യ ഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ചു ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ തല ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ചുകെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല നിങ്ങളുടെ ദേശം ശൂന്യമായി നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു സിയോൻപുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ നമുക്ക് അത്യൽപ്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സ്വോം പോലെ ആകുമായിരുന്നു ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു സോദോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവീൻ നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്റെ സന്നദ്ധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും ശപത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഹ്യം ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈ ഞാൻ എന്റെ കണ്ണ് മറച്ചുകളയും നിങ്ങൾ എത്ര തന്നെ കഴിച്ചാലും ഞാൻ കേൾക്കയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പീൻ ന്യായം അന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കീൻ അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ വിധവയ്ക്കു വേണ്ടി വ്യവഹരിപ്പീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും യഹോവിയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു വിശ്വസ്ത നഗരം വേശിയായി തീർന്നിരിക്കുന്നത് എങ്ങനെ അതിൽ ന്യായം നിറഞ്ഞിരുന്നു നീതി വസിച്ചിരുന്നു ഇപ്പോഴോ കുലപാതകന്മാർ നിങ്ങൾ വെള്ളി കീടമായും നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്നും ഇരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ അവർ ഒക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരും ആകുന്നു അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല അതുകൊണ്ട് ഇസ്രയേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ എന്റെ വൈരികളോട് ഭഗവീ എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ച് നിന്റെ കീടം തീരെ ഉരുക്കളയയും നിന്റെ വെള്ളിയം ഒക്കെയും ചെയ്യും ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദിയെങ്കൽ എന്ന പോലെയും നിന്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയുമാക്കും ശേഷം നീ നീതിപുരം എന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും സിയോൻ ന്യായത്താലും മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു നിങ്ങൾ താൽപ്പര്യം വെച്ചിരുന്ന കരുവേലകങ്ങളെക്കുറിച്ച് നാണിക്കും നിങ്ങൾ തെരഞ്ഞെടുത്തിരുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും നിങ്ങൾ ൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും പെലവാൻ ചണനാരു പോലെയും അവന്റെ പണി തീപ്പൊരി പോലെയും ആകും കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും